ശിവസമാന സം ശമരബ്രഹാരത്പം ശ്രീം സങ്കാചാര്യ ശ്രീ സോംബാരൃഭാഷ്യോ വന്നേ മേഖലേ ആ യമി പുരുഷ ഗന്ധരിഭ്യോക്ഷം ആയതും തോ അധിജനെ വിസൃജേ veda ta tra tra重 bha v galaxies, dhira gwa pratyung, fra t несколько iv puede avinada archa anido avinada archo vistashtha tas føya dha avivanana declaration pra mujtia prabaruya yaka दिसंबर एव एव तस्वे चिम यमोच याव पशु कर्मणा शरीर आरब्धन क्षयपाद चिंताविमो अख्यानिक अत्रेकामा सत्सबद തത്വജ്ഞാനവും സത്സമ്പത്തിയും അത് ഒരേ സമയം സംഭവിക്കുമോ അതിന് കാലതാമസം ഉണ്ടോ അതാണ് ഇവിടെ ചിന്തിക്കുന്നു അതിന് കാലതാമസം ഉണ്ടോ എന്നാ പറയുന്നു തത്വജ്ഞാനം സംഭവിച്ചാലും യൊരു കർമ്മണ ശരീരം ആരബ് ഏതൊരു കർമ്മം കൊണ്ടാണോ അജ്ഞാനദേഹം ഉണ്ടായത് തസ്യ ഉപഭോഗേനെ ക്ഷീണം അതിൻ്റെ ആ കർമ്മ അനുഭവം കൊണ്ട് ക്ഷയിക്കണം ആ ശരീരത്തിരുന്നു കൊണ്ടുള്ള അനുഭവങ്ങൾ ഉപഭോഗങ്ങൾ സംഭവിക്കണം ശരീരത്തിലിരുന്നു കൊണ്ടുള്ള അനുഭവം എന്ന് പറയുമ്പോൾ സുഖദുഃഖാനുഭവങ്ങൾ അതാണ് ഉപഭോഗം എന്ന് പറയുന്നത് മുഖ്യമായിട്ട് അപ്പോൾ തത്വജ്ഞാനിയും ആ ശരീരത്തിലിരുന്നു കൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് അതാണ് ഉപഭോഗം ക്ക് ദുഃഖമില്ല സുഖം മാത്രമേ ഉള്ളൂ ആനന്ദം മാത്രമേ ഉള്ളൂ എന്നല്ല ഉപഭോഗം എന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാവും ദുഃഖം വരുന്നെടുത്ത് സുഖം വരും രണ്ടും പേര് കാരണം ശരീരം അതിനുവേണ്ടിയുള്ളതാണ് ശരീരം നിലനിൽക്കുന്നു ഭായതിനും ശരീരവും തരുന്നുക്കാനുഭവത്തിനുള്ള ഉപകരണമാണ് അപ്പം ആ ഉപകരണമുള്ളപ്പോൾ അത് അനുഭവിച്ചേ പറ്റും ജ്ഞാനനിഷ്ഠ കൊണ്ട് അതിനെ അതിവിക്കാൻ കഴിയുമോ അനുഭവങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുമോ സാധ്യമുണ്ട് എന്തുകൊണ്ട് അത് ആരബ്ധമാണ് അത് സംഭവിക്കണമെന്ന് നിശ്ചയിച്ച് കഴിഞ്ഞ കാര്യമാണ് ഉപഭോഗമായ ശരീരത്തിൽ സംഭവിച്ചേ തീരും സംഭവിക്കാതിരുന്നാലും ശരീരം നശിക്കും ഞാൻ എനിക്ക് സുഖ അനുഭവങ്ങളില്ല എന്ന് വന്നുകഴിഞ്ഞാൽ ആ ശരീരത്തിനാവശ്യമില്ലെന്നാണ് അപ്പോൾ ശരീരം ഇല്ലാതാകുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഉപഭോഗേനക്ഷയ അനുഭവം തീരുമ്പോൾ എണ്ണ നാളം കെട്ടുപോകുന്നു അതുപോലെ അപ്പോൾ നാളത്തെ ജ്വലിപ്പിക്കുന്നത് എണ്ണയാണ് അതിൻ്റെ സ്ഥാനത്താണ് ഈ പ്രാരബ സംസ്കാരമെന്ന് പറയുന്നത് അതുള്ളടത്തോളം കാലം ശരീരം ശരീരത്തിലെ സുഖദുഃഖാനുഭവങ്ങൾ ഈ ശരീരത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കേണ്ടതല്ല അതെല്ലാം സംഭവിക്കും ദേഹപാദോ യു ആ ദേഹപാദം വരെ അതങ്ങനെ തുടരുന്നു എന്ന ഉപഭോഗം തുടരുന്നു പിന്നെ ജ്ഞാനം കൊണ്ടെന്താ പ്രയോജനമെന്ന് ചോദി ജീവൻ മുക്തി എന്ന് പറയുന്നതിന് എന്താ അർത്ഥമാണ്ക്കാർ അനുഭവങ്ങളെല്ലാം തത്വജ്ഞാനിക്കുണ്ട് അജ്ഞനവും എന്താ വ്യത്യാസം വ്യത്യാസം വിധ തന്നെ ജ്ഞാനം അതുതന്നെ വ്യത്യാസം ജ്ഞാനമില്ല അസുഖ ദുഃഖങ്ങളെയൊക്കെ മാറ്റാത്ത ജ്ഞാനം സുഖ ദുഃഖത്തെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ പ്രപഞ്ചത്തെക്കുറിച്ചോ ഉള്ള ജ്ഞാനമല്ല അതൊക്കെ എങ്ങനെ ഇല്ലാതാക്കണം അങ്ങനെയുള്ള ജ്ഞാനമല്ല ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ചുള്ള ജ്ഞാനമല്ല സുഖം ഇഷ്ടമാണ് അത് വേണമെന്ന് ആഗ്രഹിക്കുന്നു ഇഷ്ടമെന്ന് തോന്നുന്നു ുഃഖം അനിഷ്ടമാണ് അത് വേണ്ടെന്ന് തോന്നുന്നു അനുകൂല പ്രതികൂല ജ്ഞാനം കൊണ്ട് ഇഷ്ടാനിഷ്ട ബോധമുണ്ടാവുന്നു അപ്പവിടെ കാംഷ ദേഷ്യം ഇതുണ്ടാവുന്നു അനിഷ്ടത്തോട് ദേഷ്യം വരുന്നു ഇഷ്ടത്തോട് കാംഷ വരുന്നു ഈ വിഷയങ്ങളുള്ള അറിവല്ല ജ്ഞാനം ഇവിടെ ജ്ഞാനമെന്ന് പറയുന്നത് സ്വരൂപജ്ഞാനമാണ് വിഷയജ്ഞാനമല്ല ആ സ്വരൂപജ്ഞാനം ഈ വിഷയജ്ഞാനത്തെ ബാധിക്കുന്നതല്ല അതുകൊണ്ട് പ്രാപഞ്ചികമായ കാര്യങ്ങൾ അനുവർത്തിക്കുന്നുവങ്ങൾ എല്ലാ തത്വജ്ഞാനയിലും ദേഹപാതാവും അനുവർത്തിക്കുന്നു പിന്നെ അച്ഛനിൽ നിന്നും വ്യത്യസ്തമായി എടുത്ത് കാണിക്കാവുന്ന എന്താണോ ആത്മജ്ഞാനത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ തത്വജ്ഞാനി അനുഷ്ഠിച്ചപ്പോൾ അവിടെ അധർമ്മത്തെ ഒഴിവാക്കി അതെന്തിനു വേണ്ടി മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് അധർമ്മത്തെ ഒഴിവാക്കി മനസ്സ് ശുദ്ധമായി അങ്ങനെയാണ് തത്വജ്ഞാനം പ്രാപിച്ചത് അതുകൊണ്ട് ജ്ഞാനിയും അധർമാചരണം സംഭവിക്കുന്നില്ല അതാണ് അജ്ഞനിൽ നിന്നുള്ള വ്യത്യാസം അങ്ങനെയൊരു അധർമ്മം സംഭവിച്ചാൽ അത് ശുദ്ധിക്ക് തടസ്സമാണ് ശുദ്ധിക്ക് തടസ്സമായ അത് ജ്ഞാനത്തിന് തടസ്സമാകും ജ്ഞാന സംഭവിക്കത്തിന് ഇവിടെ പറയുന്ന എന്താണ് തത്വവിജ്ഞാനിയുടെ ശരീരം ജ്ഞാനാർത്ഥമുള്ള ജ്ഞാനത്തിന് വേണ്ടിയുള്ള ശരീരമാണ് അപ്പം അത് സാധാരണ ശരീരമല്ല വിശിഷ്ടമായ ശരീരമാണ് അതുകൊണ്ട് സ്വന്തം അന്ധക്കരണത്തെ കളങ്കപ്പെടുത്തുന്ന അധർമാചരണത്തിൽ ഞാൻ വ്യാപരിക്കുന്നില്ല എന്നത് അത് അന്ധക്കരണത്തെ അശുദ്ധമാക്കുമെന്നുള്ളതുകൊണ്ട് അതാണ് ഞാനി ഞാനീ തമ്മിലുള്ള വ്യത്യാസം സുഹുക്കാനുഭവങ്ങൾ എങ്ങനെയുണ്ട് അത് പുണ്യബോപ ഫലമായി വന്നുചേരുന്ന കർമ്മത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല കർത്തും അകർത്തും അന്യതാവ് അകർത്തും നമ്മൾ മനസ്സിലാക്കും കർമ്മം ചെയ്യാം ചെയ്യാതിരിക്കാം മറിച്ച് ചെയ്യാം എല്ലാം പറ്റും ഇപ്പൊ തത്വജ്ഞാനിയിൽ വിവേകമുള്ളതുകൊണ്ട് കർമ്മത്തെയും മറ്റും സംബന്ധിച്ച് എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യാനാണ് പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങൾ കാലദേശ അവസ്ഥ ഉചിതമായി തീരുമാനിച്ചു പ്രവർത്തിക്കാം ചെയ്യാം ചെയ്യാതിരിക്കാം എന്താ ചെയ്യും കാരണം കർമ്മത്തിൽ എപ്പോഴും പുരുഷന് സ്വാതന്ത്ര്യമുണ്ട് കർമ്മ നിയമാധികാര പക്ഷെ അനുഭവത്തിൽ ആ സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് സുഹതുവങ്ങൾ വന്നുചേരുന്നു അതിനെ അനുഭവിക്കുന്നു അജ്ഞനും തത്വജ്ഞനും രണ്ടുപേര് സുഹതുവങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ജ്ഞാനം നിഷ്പ്രയോജനമാണല്ലോ ചർച്ച ചെയ്തതാണ് ഞാൻ നിഷ്പ്രയോനമാകുന്നില്ല എന്തുകൊണ്ട് അതിൻ്റെ അനുഭവത്തിൽ വ്യത്യാസമുണ്ട് കാരണം താൻ അകർത്താവാണ് ആത്മാവാണോ തൻ ഭോക്താവല്ല എന്നുള്ള ബോധത്തിൽ അനുഭവിക്കുന്നതും താൻ ഭോക്താവാണെന്നുള്ള രീതിയിൽ അനുഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഇതെല്ലാം തന്റെ താൻ ഇതിന് ഭോക്താവാണോ തന്റെ അന്ധകരണത്തിൽ സംഭവിക്കുന്ന സുതുക്കങ്ങൾ അതിന് താൻ ഭോക്താവാണോ എന്ന് അറിഞ്ഞനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ താൻ ഭോക്താവാണെന്ന് അറിഞ്ഞനുഭവിക്കുന്നു വെച്ചാ അതിനോടെല്ലാം അഹമ്മ എന്നിങ്ങനെ താതാന്യപ്പെടുന്നു സ്വന്തം അന്ധക്കരണത്തോടും അന്ധകർണവൃത്തികളോടും തഥാന്നെയും തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആ അനുഭവം നിലനിൽക്കുമ്പോഴും കാരണം അനുഭവങ്ങൾ നിലനിൽക്കുന്നത് സ്വസ്വരൂപത്തിൽ അന്ധക്കരണത്തിലാണ് പക്ഷെ താൻ അകർത്താവാണ് അഭോക്താവാണ് താൻ ഭോക്താവല്ല എന്ന നിലയിൽ അതിനെ അനുഭവിക്കുന്നു രണ്ടിടത്തും ഉണ്ട് അനുഭവം പക്ഷെ ഒരിടത്ത് അതിനോട് താതത്മ്യപ്പെട്ട് ഒരിടത്തതിനോട് താതാന്മ്യമില്ലാതെ അതാണ് അസംഘശസ്ത്രേണ ദൃഢേന ചിത്വ ഇവിടെയൊക്കെ നമ്മളത് വ്യവ വ്യാഖ്യാനിച്ചതാണ് ആ വ്യത്യാസം ഈ ഒരു തത്വജ്ഞാനിയെ സംബന്ധിച്ച് ഒരു ജ്ഞാനനിഷ്ഠ ജ്ഞാനനിഷ്ഠയെന്നു പറയുമ്പോൾ ഇവിടെ തത്വജ്ഞാനത്തെയാണ് ജ്ഞാന സാധനയിലുള്ള നിഷ്ഠയും ഞാൻ നിഷ്ഠയെന്ന് പറയും ഗീതനും മറ്റും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതങ്ങനെയല്ല ജ്ഞാനത്തിൽ തന്നെയുള്ള നിഷ്ഠാനം സിദ്ധമായതിനു ശേഷമുള്ള നിഷ്ഠ അതിന് ഞാനും നിശ്ചയം പറയും ഞാന് സിദ്ധിക്കു വേണ്ടിയുള്ള ഉപായങ്ങൾ അതിനുള്ള നിഷ്ഠ അതിനും ഞാൻ നിശ്ചയമെന്നു ഇവിടെ ഞാന് സിദ്ധമായ വിടെ പറയുന്നത് ആ ശരീരം ജ്ഞാനം സിദ്ധമായാൽ പിന്നെ ആ ശരീരം അവസാന ശരീരമാണ് പിന്നെ വേറെ ശരീരമുണ്ട് ആ ശരീരം നശിക്കണം അതുപോലെ ആ ജ്ഞാനനിഷ്ഠയിൽ ഉപഭോഗം അതെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ടായിരുന്നു വിശദീകരിക്കുന്നത് സുഖ ദുഃഖാനുഭവങ്ങളുണ്ടെങ്കിലും അതിനോട് താതാന്യപ്പെടാതെ അതെങ്ങനെയാ അതിനോട് താതന്യപ്പെടാതിരിക്കുന്നത് സുതൂഖപ്പനുഭവം ഉണ്ടാകുക അതിനോട് താതാന്യപ്പെടാതിരിക്കൂ അതാണ് തത്വജ്ഞാനത്തിന്റെ ഫലം എന്ന് പറയുന്നത് അത് ജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കൂ അനുഭവിക്കുക പ്രാധാന്യപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് ഞാനങ്ങോട്ടേ സാധിക്കും മറ്റെന്തു ഉപായം സ്വീകരിച്ചാലും ശരി അത് സാധ്യമല്ല മറ്റുപായങ്ങളിൽ എന്താണോ ഈ അനുഭവത്തെ ഇല്ലാതാക്കാനേ പറ്റും ഉണർന്നിരിക്കാൻ കഴിയില്ല എന്നർത്ഥം ജാഗ്രത്തിലിരിക്കാൻ ഞാനിരിക്കു മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞാൽ സുതുക്കാനുഭവങ്ങൾ ഇല്ലാതാക്കാം അതിനു വേണ്ടിയിട്ടാണ് സമാധിശീലിക്കുന്നത് സമാധിശീലിച്ചാൽ പിന്നെ അവിടെ ഈ സുഹുക്കാനുഭവങ്ങളില്ല സുതുക്കാനുഭവങ്ങളിൽ തത്വജ്ഞാനത്തിൽ കൊണ്ടുള്ള അസംഗതയിൽ സുഖുക്കാനുഭവത്തോടുകൂടി ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല സുഖുക്കാനുഭവമേ വേണ്ട എന്ന് കരുതിയാൽ പിന്നെ അവിടെ വൃത്തി നിരോധത്തിലൂടെ സമാധിച്ചിരിക്കുന്നു അതും അദ്വൈതത്തിൽ സമ്മതമായ കാര്യമാണ് അതാണ് ഗീതിയിലും മറ്റും ചെർസി വാസിഷ്ടത്തിനും മറ്റും ചെർസി ബ്രഹ്മവിൻ വരീയൻ വരിഷ്ഠൻ എന്നെല്ലാം പറയും ഓരോ അവസ്ഥകള് പറയുന്നു അത് യോഗത്തിന്റെ തത്വാന് തന്നെ ഈ സുഹുഖ അനുഭവങ്ങളിൽ നിന്നും മുക്തനാകുന്നു അതെന്തുകൊണ്ടാണ് അതിന്റെ സംസ്കാരം അങ്ങനെ ചെയ്യുന്നു അതിന്റെ സംസ്കാരമുള്ളവർക്ക് അത് ചെയ്യാനും പറ്റും യോഗ സംസ്കാരമുള്ളവർ യോഗ പരിശീലനമുള്ളവർ തത്വജ്ഞാനത്തിന് ശേഷവും സമാധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു മനോനാശം വാസനാക്ഷിയും ഇങ്ങനെയുള്ള അഭ്യാസങ്ങളിലൂടെ പോകുന്നു വീണ്ടും ഇവിടെ പറഞ്ഞല്ലോ യാവെന്ന വിമോക്ഷാത സത്സമ്പ പ്രാരത്ഥം കൊണ്ട് സ്വാഭാവികമായി വരുന്ന ശരീരനാശം പ്രത്യേകിച്ച് ഒരു പരിശീലൊന്നും കൂടാതെ അതിൽ സംതൃപ്തരല്ല യോഗി അവർക്കിതിനെല്ലാം നിരോധിച്ച് സമാധിയിലെത്തി ജീവൻ ശരീരമായിട്ടുള്ള ബന്ധം ഇല്ലാതായായി അങ്ങനെ ശരീരം നശിക്കും അതിനു വേണ്ടിട്ട് അങ്ങനെയുള്ള അഭ്യാസങ്ങളും ചെയ്യുന്നു അതിനെ കുറിച്ചും പറയുന്നു പക്ഷേ ഭാഷകാരൻ അതിനെ കുറിച്ച് പറയുന്നില്ല സപ്തഭൂമികളെ കുറിച്ച് ഭാഷകാരനോടും അത് അദ്ദേഹത്തിനോട് കൂടി കൂട്ടിച്ചേർന്ന് പോകുന്നതാണ് പ്രചാരവും കൂട്ടി ഭാഷകാരന് സമ്മതമായ ഒരു കാര്യമില്ല പക്ഷകാരൻ തത്വജ്ഞാനം വരെ മാത്രമേ പറയുന്നു തത്വജ്ഞാനം സ്വാഭാവികമായിട്ടാണ് ആ പ്രാർത്ഥ സംസ്കാരം നശിക്കുന്നത് വരെ തത്വജ്ഞാനി കാത്തിരിക്കുന്നു അവിടെ സുഖതുക്കാനുഭവങ്ങളുണ്ടെങ്കിലും തത്വജ്ഞാനം കൊണ്ട് അതിനുള്ളൊന്നും താതമ്യപ്പെടുന്നില്ല ജ്ഞാനാഗ്നി സർവപ്രമാണി ഭസ്മസാദ് കുരുതി എന്ന് പറയുന്നത് സുഖദുഃഖങ്ങൾ ഉണ്ട് അനുഭവിക്കുന്നു അത് ജ്ഞാനിക്കും അജ്ഞാനിക്കും ഒരുപോലെയാണ് അതിനേക്കാൾ മുഖ്യമായിട്ടൊന്നുണ്ടോ എന്താണ് ഞാനീ അറിയുന്നു ഇത് തന്നെ പരമാർത്ഥത്തിൽ ബാധിക്കുന്നില്ല അവിടെയാണ് വ്യത്യാസം സ്വസ്വരൂപത്തിലല്ല എന്നറിയുന്നു അതിനെ കുറിച്ചാണ് ദൃശ്യം ദർപ്പണ ദൃശ്യമാണ് നഗരി എന്നെല്ലാം മറ്റും പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചാണ് അന്തർഗതം സമാധിയില്ല സമാധിയിൽ അങ്ങനെ ഒരു ദർശനമുണ്ട് ഇതങ്ങനെയല്ല ജാഗ്രതയിൽ തന്നെ ജാഗ്രതത്തിൽ പ്രപഞ്ചത്തെ പ്രപഞ്ച വിഷയങ്ങളെ പ്രപഞ്ച കാണുന്നതാണ് ദൃശ്യം തർക്കണം ദൃശ്യമാണ് ഇപ്പം ദൃശ്യമുണ്ട് ദൃശ്യാനുഭവമുണ്ട് അത് വാസ്തവമായിട്ടുള്ള പ്രതിബിംബമായിട്ട് വാസ്തവമായിട്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ദൃശ്യങ്ങളോട് ഈ ദർശനത്തോട് താതാന്മ്യം പ്രാപിച്ച അജ്ഞാനം കൊണ്ട് താതാന്യം പ്രാപിച്ച ഇത് വാസ്തവം തത്വജ്ഞാനത്തിൽ അവിടെ അജ്ഞാനം ഇല്ലാതായി അവിടെ ഒരു താതാന്മ്യം പ്രാപിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് അത് പ്രതിബിംബമാണ് ആ രീതിയിൽ കാണുമ്പോൾ തത്വജ്ഞാനി എന്താണ് അനുകൂല പ്രതികൂലതകളില്ല എങ്ങനെയാണോ സപ്രാരബം അതിനനുസരിച്ച് മനസ്സേന്ദ്രിയങ്ങളും കർണങ്ങളും പ്രവർത്തിക്കുന്നു അതിനെ കുറിച്ച് വ്യാകുലതകളില്ല ആശങ്കകളില്ല അനുശോചന്ദി പണ്ഡിതാഹ് അനുശോചിക്കുന്നല്ല ഒന്നിലും ആ ഒരു നല്ല തത്വജ്ഞാനം കൊണ്ടുവരുന്നില്ല ജ്ഞാനം കൊണ്ട് പ്രയോജനമുണ്ട് ഒരു അജ്ഞന്റെ പോലെയുള്ള അനുഭവമല്ല സമാനതകളുണ്ടെങ്കിലും അതുപോലല്ല ശാന്തി അധികച്ചതി എന്ന് പറഞ്ഞില്ല അപ്പൊ ജ്ഞാനം കൊണ്ടുള്ള ആത്മശാന്തിയെ അനുഭവിക്കുന്നു അതാണ് വ്യത്യാസം പ്രാരബ്ദക്ഷയത്തിന് അനുസരിച്ച് ശരീരം നശിക്കുന്നു അഥ തഥായിവ തത്സമ്പത്തിയെ സമ്പത്തി അപ്പോഴാണ് ശരീരം നശിക്കുന്നത് അപ്പം അതിന് സത്സമ്പത്തി എന്ന് പറയുന്നത് പിന്നീട് ദൃശ്യമില്ല ഇത്രയേ ഉള്ളൂ ിദ്ദേഹ മോക്ഷസ് തത്സമ്പത്തെ കാലഭേദവും തത്വജ്ഞാനിയുടെ ശരീരനാശം സമ്പത്തി ഇതെല്ലാം ഒന്നു തന്നെ മുക്തനാകുന്നു കാലഭേദമില്ലാതെ തീർച്ചയായും മരിക്കുന്നു പിന്നീട് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ച് മുക്തനാകുന്നു അങ്ങനെയൊന്നുമില്ല അതുതന്നെ അവസാനം അധ സമ്പദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം പിന്നീട് ഒന്ന് കാലതാമസത്തെ കുറിച്ച് പറയല്ലേ പിന്നെ അധശബ്ദാനന്ദ ചെയ്യാർത്ത സിയോ അതിലൂടെ ആദ്യം ദേഹനാശം പിന്നീട് സസമ്പത്തി അങ്ങനെയല്ല ഒരേ സമയം തന്നെ സംഭവിക്കുന്നു പിന്നീടൊന്നുമില്ല ഒന്നും അവശേഷിക്കുന്നില്ല സുഷുത്തിയെ പോലെ സുഷുത്തിന് ദേഹനാശം സംഭവിക്കുന്നുണ്ടല്ലോ ജീവഭാവം തന്നെ ഇല്ലാതാകുന്നു എന്ന് പറയും അവിടെ ദേഹനാശം എന്ന് പറയുമ്പോൾ ദേഹപ്രതീതിയില്ല ആ ജീവന് ദേഹപ്രതീതിയില്ല ദേഹപ്രതീതി ഇല്ലാതായി പിന്നീട് അവിടെ സത്സമ്പത്തി അങ്ങനെയല്ല ഏത് സമയമാണോ ദേഹപ്രതീതി ഇല്ലാതാകുന്നു അല്ലെങ്കിൽ പ്രപഞ്ചപ്രതീതി ഇല്ലാതാകുന്നു അപ്പോൾ സത്സമ്പത്തിൽ അതുതന്നെ സത്സമ്പത്തി രണ്ട് കാര്യവും അവിടെ സംഭവിക്കുന്നില്ല ആദ്യം ഉറങ്ങുക പിന്നീടൊന്നും അറിയാതിരിക്കുക അങ്ങനെയല്ല ഉറങ്ങുന്നത് തന്നെ അറിയാതിരിക്കുന്നു അവിടെ ഈ ശരീര ബന്ധം പെടുന്നു ജീവൻ ജീവബന്ധപ്പെടുന്നു മരണത്തിലും അതിങ്ങനെ സംഭവിക്കുന്നു വ്യത്യാസോത്തരേയുള്ളു അവിടെ ആ ജീവൻ ശരീര ബന്ധം വിട്ടിട്ടും തിരിച്ചു വരുന്നു തത്വജ്ഞാനത്തിൽ ശരീര ബന്ധം വിട്ടുകഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നത് അവിടെ എന്തുകൊണ്ടാണ് തിരിച്ചു വരുന്നത് ഈ ശരീര ബന്ധം വിട്ടു എന്നയാൽ അറിയാത്തതുകൊണ്ട് സുസ്വരൂപത്തെ കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ട് വീണ്ടും പ്രപഞ്ചപ്രതീതിയും പ്രപഞ്ചാനുഭവങ്ങളും എല്ലാം ഉണ്ടാകും സ്വരൂപജ്ഞാനമുണ്ട് ആത്മബോധമുണ്ട് അതുകൊണ്ട് തത്വജ്ഞാനി ആത്മബോധം ഉണ്ടോ അല്ല അജ്ഞാനത്തിൽ നിന്നുകൊണ്ടല്ല സൃഷ്ടിയിലേക്ക് പോകുന്നു ആത്മബോധത്തിൽ നിന്നുകൊണ്ടാണ് അജ്ഞൻ അജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണ് സൃഷ്ടിക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുന്നു അജ്ഞാനമുള്ളതുകൊണ്ട് തത്വജ്ഞാനി അങ്ങനെയല്ല ജ്ഞാനത്തിൽ നിന്നാണ് സൃഷ്ടിക്ക് പോകുന്നത് അപ്പം തിരിച്ചു വരാൻ എന്ന് ചോദിച്ചു പിന്നെ തിരിച്ചു കാരണം അജ്ഞാനം നശിച്ചു അജ്ഞാനം സംബന്ധിച്ച് പറയുന്ന അജ്ഞാനം ഉള്ളതുകൊണ്ട് തിരിച്ചു വരുന്നു എന്നാണ് ഞാനീ ഉറങ്ങുന്നതും കൊണ്ടരുന്നതായിട്ടും കാണുന്നുണ്ട് ഞാനീടെ അനുഭവം അങ്ങനെ ഞാനീ അങ്ങോട്ട് പോയിട്ട് അജ്ഞാനം ഇല്ലാത്തത് തിരിച്ചു വരേണ്ട കാര്യമില്ലല്ലോ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു അതിനങ്ങോട്ട് പറഞ്ഞത് ആരബ്ധം പ്രാരബം ജ്ഞനിൽ എന്താണോ വാസ്തവുമായിട്ട് സത്യവുമായി അയാളുടെ അനുഭവത്തിൽ നിലനിൽക്കുന്നത് അത് ജ്ഞാനിയിലും നിലനിൽക്കുന്നുണ്ടതല്ല നമ്മൾ പറഞ്ഞു വിഭവമുണ്ട് ജ്ഞാനിയിലും അതെല്ലാം നിലനിൽക്കുന്നുണ്ട് പക്ഷെ അത് കല്പിതമായി നിലനിൽക്കുന്നു വാസ്തവത്തിലല്ല കൽപ്പിതമായി നിലനിൽക്കുന്നു ആരോപിതമായി നിലനിൽക്കുന്നു അതിനാണ് ആരബ്ധെന്ന് പറയുന്നത് പ്രാരബ്ധം എന്ന് പറയുന്നതാണ് അതങ്ങനെ നിലനിൽക്കുന്നുണ്ട് വീണ്ടും ഇത് അനുഭവപ്പെടുന്നു വീണ്ടും ജ്ഞാനിക്കും ഇത് പ്രതീതമാകുന്നു വ്യത്യാസം തന്നെ ജാഗ്രതത്തിൽ തത്വജ്ഞാനിക്ക് ഇത് പ്രതീതമാകുന്നുണ്ടെങ്കിൽ തത്വജ്ഞാനി ഗ്രഹിക്കുന്ന എന്താണത് തന്നതിനോട് താതാന്യപ്പെടുന്നില്ല ഇത് തന്നിൽ ആരോപിതമാണ് ഇത് സത്യമല്ല പരമാർത്ഥമല്ല എന്നറിയുന്നു അല്ലെങ്കിൽ സർവീം പരമാർത്ഥം തന്നെ തന്നെ നന്യമായിട്ടൊന്നുമില്ല എന്നറിയുന്നു രണ്ടും ഫലത്തിലൊന്നും ആത്മാവത് സർവഭൂതാൻ എന്ന് നന്ദി ആ ബോധമാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് തത്വജ്ഞാനിയുടെ ജ്ഞാനത്തെ ഇല്ലാതാക്കുന്നില്ല നശിപ്പിക്കുന്നില്ല പക്ഷെ പ്രാരബ്ധം നിലനിൽക്കുന്നിടത്തോളം പ്രപഞ്ച പ്രതീതി ജാഗ്രത സ്വപ്നങ്ങൾ ഇതെല്ലാം അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സത്യമായിട്ടുള്ള കല്പിതമായിട്ട് അത് ജ്ഞാനിയെ ബന്ധിക്കുന്നില്ല സത്യം ഇല്ലാത്തതുണ്ട് പ്രതീതിക്ക് അത് സത്യമായിരിക്കണമെന്നില്ല കല്പിതമായാലും മതി പ്രതീതി മരുമരീചികയും മറ്റും അങ്ങനെയാണല്ലോ ഇല്ലാത്തതാണെങ്കിൽ ഗ്രന്ഥുകൊണ്ടത് പ്രതീതമാകണം ആ പ്രതീതി അങ്ങ് അവസാനിച്ചൂടെ ഇല്ല അത് ഉള്ളതിനെ സംബന്ധിച്ചാണ് ഉള്ളതെന്ന് അനുഭവപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് മരുമരീചിക ഇല്ലാത്തണെന്നാലും പ്രതീതമാകുന്നത് അതുപോലെ തത്വജ്ഞാനിയുടെ ശരീരവും പ്രതീതമാകുന്നു ഇത് ജ്ഞാന അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസത്തിനാണ് ജ്ഞാനം ദുഷ്ടപ്രയോജനത്തോടുകൂടിയതാണ് പ്രത്യക്ഷമായ പ്രയോജനത്തോടു കൂടിയതാണ് ആ പ്രത്യക്ഷമായ പ്രയോജനമാണിത് ഈ പ്രതീതി എന്ന് പറയുന്നത് കേവല പ്രതീതി അതുകൊണ്ട് തന്നെ തത്വജ്ഞാനി ശാന്തി അനുഭവിക്കുന്നു കാരണം സുഖദുഃഖ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുക ശാന്തി ഉണ്ടായിരിക്കും ഇത് രണ്ടും കൂടെ എങ്ങനെ സംഭവിക്കുന്നു കാരണം സുഖദുഃഖ അനുഭവങ്ങൾ വരുമ്പോൾ ഒരാൾ അശാന്തനാകുന്നു ചിലപ്പോൾ സുഖത്തിൽ അശാന്തനാകുന്നു ചിലപ്പോൾ ദുഃഖത്തിൽ അശാന്തനാകുന്നു അപ്പൊ ജ്ഞാനീനും അശാന്തിയല്ലേ വരാൻ വഴിയുള്ളൂ എന്തുകൊണ്ട് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം സുഖദുഃഖം നുഭവങ്ങൾ ഉണ്ട് ഇതൊരു പരമാർത്ഥത്തിലില്ല കൽപ്പീതമാണ് പ്രതീതിയാണ് ഉള്ള താതാജ്ഞം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അത്തരം പ്രതീതികൾ നിലനിൽക്കുമ്പോൾ തത്വജ്ഞാനം നൽകുന്ന ശാന്തി ഉണ്ട് അതാണ് ജ്ഞാനത്തിൻ്റെ ദുഷ്ടപ്രയോജനം പ്രത്യക്ഷമായ പ്രയോജനം ഇത് രണ്ടും കൂടെ എങ്ങനെ ഒത്തുപോകും ഇതിനോടുകൂടെ താതാത്മ്യപ്പെട്ടത് സത്യമാണെന്നുള്ള അനുഭവത്തിലാണെങ്കിൽ പിന്നെ അവിടെ ജ്ഞാനത്തിന് നിലയില്ല മറിച്ച് സത്വജ്ഞാനത്തിൽ കല്പിതമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഒത്തുപോകുന്നതിന് വിരോധമില്ല രണ്ടും നിറ ഒന്ന് പ്രതീതി രൂപത്തിൽ മറ്റൊന്ന് വാസ്തവാനുഭവ രൂപത്തിൽ രണ്ടും നിറങ്ങൾ അത് തത്വജ്ഞാനിയുടെ സഹജമായ ഭാവത്തെ ബാധിക്കുന്നുണ്ട് എന്ന് പറയാം തത്വജ്ഞാനി വേദനിക്കുമോ ദുഃഖിക്കുമോ ചിരിക്കുമോ കരയുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാമോ ശരീര വ്യാപാരങ്ങൾ സംഭവിക്കാമോ കർണവ്യാപാരം സംഭവിക്കാമോ ഇന്ദ്രിയത്തിന്റെ മനസ്സിൻ്റെ എല്ലാം കൽപ്പിതമായി സംഭവിക്കാം പരമാർത്ഥത്തിൽ സംഭവിക്കുന്നു മായും ഭാഹ്യമായും സംഭവിക്കും അതിന് ഞാൻ നിഷ്ഠ പറയുന്നു ഞാൻ നിഷ്ഠനായിട്ട് ഇതെല്ലാം അനുഭവിക്കുന്നു ഇനി അനുഭവത്തെ ഒഴിവാക്കാൻ പറ്റുമോ അതിന് യോഗം സമാധി അനുഭവത്തെ ഒഴിവാക്കും സുഖ ദുഃഖാനുഭവങ്ങളെ വേദന സന്തോഷം തുടങ്ങിയ വികാരങ്ങളെ കൂടി ഒഴിവാക്കും അതിന് സമാധിശീലിക്കും അതുകൊണ്ട് പറയും മുക്തി എന്ന് പറയുന്നത് ഞാനിക്കില്ല എന്തുകൊണ്ട് ഇതിന്റെ എല്ലാം പ്രതീതി ഉള്ളത് പക്ഷെ പറയും ചില കുറേ അല്ല ഞാൻക്ക് മുക്തി തന്നെയാണ് എന്തുകൊണ്ട് ഞാൻ ഈ ആ പ്രതീതി ഇന്നും സ്വതന്ത്രനാണ് അതുകൊണ്ട് മുക്തൻ തന്നെയാണ് ചില അതുപോലെ പ്രതീതിയുണ്ട് അതുകൊണ്ട് ആ മുക്തിയിൽ പൂർണ്ണതയില്ല സമാധി തന്നെ പറഞ്ഞു സമാധിയിൽ പ്രതീതി ഉണ്ടാകണം അസമാധിയിലൂടെ ത സമ്പത്തി സംഭവിക്കുന്നു അങ്ങനെ ചിലർ വാശി പിടിക്കും അങ്ങനെയും ആകാം എന്നേ ഉള്ളൂ നിർബന്ധമല്ല നിങ്ങളുടെ സൗകര്യത്തിന് പറയുന്നവളല്ല ഓരോ ജീവന്റെയും സംസ്കാരമനുസരിച്ച് പറയുന്ന സമാധി തുടങ്ങിയ കാര്യങ്ങളിൽ സംസ്കാരമുള്ളവരനുഷ്ഠിക്കും അനുഷ്ഠിച്ചാൽ സമാധി പ്രാപിക്കും പ്രാപിച്ചിട്ട് ഈ പ്രാപഞ്ചികമായ പ്രതീതിയിൽ നിന്നും മുക്തരാകും അതിന് അത് വേണ്ടെന്ന് തോന്നുന്ന തത്വജ്ഞാനത്തിന്റെ ദൃഢതയുള്ളവർ ഇത് പ്രതീതിയാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അധ്യഷ്ടാകാംക്ഷ നേടാനോ കൊള്ളാനോ തള്ളാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഇത് രണ്ടും മനസ്സിലാവും രണ്ടു തരത്തിലായാലും ആ ശരീരപാദം അതിനുള്ള സത്സമ്പത്തി എന്ന് പറഞ്ഞു അതുകൊണ്ട് ജ്ഞാനി ഉറങ്ങി ഉളരിയെല്ലാം ചെയ്തു കഴിഞ്ഞാലും ജ്ഞാനിയായി തന്നെ ഇരിക്കും അജ്ഞാനം ബാധിക്കുന്നില്ല അജ്ഞാനമില്ലെങ്കിലും ഉണർവും ഉറപ്പുമെല്ലാം സംഭവിക്കുന്നു അതിനാണ് ഇവിടെ സമാധാനം പറഞ്ഞത് പ്രാരബം എന്ന് പറയുന്നു ദേഹമോക്ഷം സത്സമ്പത്ത് ഏകകാലത്ത് സംഭവിക്കുന്നു ഇതിനെക്കുറിച്ച് വരുന്നതിനുള്ള ചോദ്യങ്ങളും സമാധാനങ്ങളുമാണ് ശ തവൃത്തഫലോജന്മാന്തരസംസംഭാവിതർമാണി സന്ധി തദ്ധം പതിതേസ്തരമാരബം ചോദ്യം വരികയാണ് സദ്വിജ്ഞാനന്തരമേ ദേവപാതം तत्संबूति कर्मशेषव तत्वपात अब संभव कर्मशेष प्रार्थ अवृत्त फलानी प्राज्ञानोत्पत् संजिता सीधा निकर्माणी संगीति വൃത്ത ഫലാൻ ഫലം കൊടുക്കാത്ത കർമ്മങ്ങൾ ഏത് പ്രാഗ്ഞാനോത്പത്തിൽ ജ്ഞാനുത്പത്തിക്ക് മുമ്പുള്ള ഇതുവരെ അത് ഫലം കൊടുത്തിട്ടില്ല ജ്ഞാനോത്പത്തിക്ക് മുമ്പ് ഇതുവരെ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അത് ജന്മാന്തര സഞ്ചിതാന്യതി കർമ്മമാണ് പൂർവപൂർവ്വ ജന്മങ്ങളിൽ സഞ്ചയിച്ചിട്ടുള്ള കർമ്മങ്ങൾ സന്ധി അതെല്ലാം ഇതുവരെ ഫലം കൊടുത്തിട്ടില്ല ഞാനും ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടായ സഞ്ചയിച്ചിരിക്കുന്ന കർമ്മം അതുണ്ടല്ലോ തദ്ധം അതിനെ അനുഭവിക്കുന്നതിന്റെ ഫലം പതിതെ അസ്മിൻ ശരീരം ഞാൻ ഈ ദേഹം പതിച്ചുപോയി അതിന് ശേഷവും ശരീരാന്തരം ആരംഭവ്യം വീണ്ടും ശരീരം വേണ്ടതാണല്ലോ കാരണം കർമ്മഫലത്തെ അനുഭവിക്കാൻ ഇനി അത് മാത്രമല്ല ഉത്പന്നയുടെ ശരീരേ സഞ്ജിതത്തെക്കുറിച്ച് പറയുന്നു ഇനി ആഗാമിയെക്കുറിച്ച് പറയുന്നു ഉത്പന്നെ ഞാനേ ഞാനും ഉണ്ടായിക്കഴിഞ്ഞു യാവജീവം വിഹിതാനി പ്രതിഷേധാനി വർമാണി കരോത്തി വഹിത പ്രതിഷേധ കർമ്മങ്ങൾ ചെയ്യും ഇതിനെ ഭാഷകാരം നിഷേധിക്കും ഭാഷകാരം പറയും ഞാൻ ഉത്പത്തിക്ക് ശേഷം വിഹിത കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ പൂർവ്വക്ഷി പറയാണ് മരണം വരെ വിഹിത പ്രതിഷേധ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു തദ്ധം ആഗാമി ആയിട്ടുള്ള ഫലത്തെ അനുഭവിക്കുന്നതിന് വേണ്ടി അവശ്യം ശരീരാന്തരം ആരംഭിക്കും ഇനി ഒരു ശരീരം സ്വീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ പല ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി ആ ശരീരത്തെ തദ്ധ കർമാണി ആ ശരീരത്തിൽ നിന്ന് വീണ്ടും കർമ്മം ചെയ്യും തദ്ശ്ശരീരാന്തരം വീണ്ടും അവിടെ നിന്ന് ശരീരം സ്വീകരിക്കും ഇത് ജ്ഞാനാനർത്ഥയ്ക്കും കർമ്മണം ഫലപത്വം അതുകൊണ്ട് ജ്ഞാനത്തിന് യാതൊരു പ്രയോജനവുമില്ല ജ്ഞാനം കൊണ്ടെന്ത് സംഭവിക്കാനോ കർമ്മമാണോ മുഖ്യം കർമ്മം ഫലത്തെ കൊടുക്കും അതുകൊണ്ട് പറയുന്നത് ഇവിടെ പ്രാരബത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അത് അനുഭവിച്ച് ക്ഷയിക്കണം അതുപോലെ സഞ്ചിതവും ആഗാമിയും അനുഭവിച്ചാലേ ക്ഷയിക്കാൻ പറ്റും ഒന്നിന് മാത്രം അങ്ങനെ സൗജന്യം കൊടുക്കുന്നെന് അനുഭവിച്ച് ക്ഷയിക്കുന്നു എല്ലാം അങ്ങനെയാണ് പ്രാരംഭം മാത്രം അനുഭവിച്ച് ക്ഷയിക്കുന്നു എന്തിനു പറയണം സഞ്ജിതും ആഗാമിയും എല്ലാം എന്ന് പറഞ്ഞാലോ അത് മാത്രമല്ല അത് ജ്ഞാനപഥ കർമാണി തഥാ ജ്ഞാനപ്രാപ്തി സമകാലമേവ ജ്ഞാന സസമ്പത്തി ഹേതുത്വ മോക്ഷ ശരീരപാത പിന്നെ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ക്ഷീന്തി കർമാണി തഥാ ജ്ഞാനപ്രാപ്തി സമഗമനമേവ ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്ന സമയം തന്നെ കർമ്മങ്ങൾ ക്ഷയിക്കുന്നു ജ്ഞാനസ്യ സത്സമ്പത്തി ഹേതുത്വം ഞാനും സത്സമ്പത്തിക്ക് ഹേതുവാണ് മോക്ഷസ്യ ശരീരപാദസ്യ മോക്ഷ സംഭവിക്കുന്നു ശരീരം വീണുപോകുന്നു എന്ന് വെച്ചാൽ തത്വജ്ഞാനം ഉണ്ടായ സമയം തന്നെ ജ്ഞാനമാണല്ലോ സത്സമ്പത്തിക്ക് ഹേതുവായിരിക്കുന്നു ഇപ്പം ജ്ഞാനമുണ്ടായ സമയം തന്നെ മോക്ഷം വരും കർമ്മങ്ങളെല്ലാം അവസാനിക്കും ശരീരപാദസ്യും അങ്ങനെ വന്നാലെന്താ കുഴപ്പം ജ്ഞാനം ഉണ്ടായ ഉടൻ തന്നെ ശരീരം പോയി ഗുരുവില്ലാത്തവരും ആത്മവിദ്യാ സമ്പ്രദായം നിലനിൽക്കാതെ ഉപദേശിക്കാനാണില്ലാത്തവരും പക്ഷെ അങ്ങനെയല്ല ഇവിടെ ഗുരുക്കന്മാർ ഉപദേശിക്കുന്നു തത്വജ്ഞാനം ഉണ്ടായതിനു ശേഷം അവരിരുന്നു അതാത് ശരീരത്തിലിരുന്നു തത്വജ്ഞാനത്തെ കുറിച്ച് അവർ പറയുന്നു അപ്പോൾ തത്വജ്ഞാനം കൊണ്ട് ശരീരം നശിക്കുന്നില്ല നശിക്കാൻ പാടില്ല പക്ഷെ ജ്ഞാനം കൊണ്ട് സത്സമ്പത്തി എന്നും പറയും അതങ്ങനെ സംഭവിക്കുന്നതാണ് തത്താച ആചാര്യ അഭാവം ഒരു ഉപദേശിക്കാനാണില്ലാതെ ഒരു ഗുരുവില്ലാതെ ആചാര്യവാൻ പുരുഷമേത് യുക്തി അനുപത്തിയാകും ആചാര്യവാൻ പുരുഷമേദ ഉപദേശം ലഭിച്ചവനാണ് ഇതറിയുന്നത് ഗുരുവിൽ നിന്ന് എന്ന് പറഞ്ഞതും ശരിയാകുമ്പോൾ വ്യക്തി അനൂപത്തിയാനൊന്നും യുക്തി ഇല്ലാതെ മാത്രമല്ല ജ്ഞാനാത് മോക്ഷാഭാവ പ്രസംഗ ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് ശ്രദ്ധിക്കാറുണ്ട് ദോഷങ്ങളാണ് ഇവിടെ പറഞ്ഞത് അതുമാത്രമല്ല ദേശാന്തരപ്രാപ്തി ഉപായ് അനേകാന്തിക ഫലവത്വം ജ്ഞാനത്തിനൊരു നിശ്ചിതമായ ഫലമില്ലെന്നും പറയേണ്ടി വരും ദേശാന്തരപ്രാപ്തി ഉപായത്തെ പോലെ ഒരാൾ ഒരു ദേശത്തു നിന്നും വേറെ ദേശത്തെ പ്രാപിക്കുന്നതിനു വേണ്ടി ഈ ഒരു പായത്തെ സ്വീകരിച്ച് ബസ്സോ കാറോ ലോറിയോ സൈക്കിളോ കാളവണ്ടിയോ പല ഉപായങ്ങളെയും സ്വീകരിക്കാം പക്ഷേ ഈ ഉപായങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദേശാന്തരത്തിൽ എത്തിച്ചേരുമെന്ന് ഉറപ്പൊന്നുമില്ല അനേകാന്തിക ഫലം എന്നു പറയുന്നതാണ് നിശ്ചിത ഫലമല്ല ബ്രേക്ക് ഡൗൺ ആയാൽ എത്താൻ കഴിയത്തില്ല വഴിയിൽ പ്രതിക്ഷോഭം ഉണ്ടായാലെത്താൻ കഴിയത്തില്ല വഴിക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ എത്താനൊക്കത്തില്ല അപ്പം പോകുന്നതിന് പല ഉപായങ്ങളുണ്ടെങ്കിലും പോയാൽ ലക്ഷ്യത്തിലെത്തണമെന്നുള്ളതിന് യാതൊരു നിശ്ചയമില്ല എത്തിയിരിക്കാം എത്താതിരിക്കാം അതുപോലെ ജ്ഞാനവും അനേകാന്തിക ഫലമാവും കൊണ്ട് മോക്ഷം ഉണ്ടാകാൻ സത്സമ്പത്തി സംഭവിക്കുക സംഭവിക്കാതിരിക്കാം എന്നെന്തുകൊണ്ട് സ്വീകരിച്ചോളൂ ദശാന്തരപ്രാപ്തി വായവ അനേകാന്തിക ഫലവത്വം ഞാൻ രസം ദോഷം വരാം എല്ലാ ഭാഗവും ചിന്തിക്കുകയാണ് ജ്ഞാനം കൊണ്ട് മോക്ഷം സാധ്യമാകുമോ ആകുമെങ്കിൽ ആ മോക്ഷത്തിന്റെ സ്വരൂപം എന്താണ് ഈ രീതി അപ്രവൃത്ത ഫലാനാം കർമ്മണം ധ്രുവലവത്വ ബ്രഹ്മുദ്ധ ശരീര പതിഥി ശരീരാന്തരം അലബ്ധവ്യം അപ്രവൃത്ത കർമ്മഫല പോകാർത്ഥം അസത് നിഷേധിക്കുന്നു അപ്രവൃത്ത ഫലാനാം കർമ്മണം ധ്രുവലവ ഇതുവരെ ഫലം കൊടുക്കാത്ത കർമ്മങ്ങൾ അതിൻ്റെ ഫലം ഇന്നതാണെന്ന് നിശ്ചിതമാണ് കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം ഈശ്വരം ഉണ്ടാക്കിയാണ് ഇതുവരെ ഫലം കൊടുക്കാത്ത കർമ്മങ്ങൾ ശേഷിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഫലം എന്തെങ്കിലും ഒരിക്കലും ഉണ്ടായേ തീരും ഉണ്ടാകണം ധ്രുവലവത്വമാണ് ബ്രഹ്മവിധ ശരീരഭേ ശരീരാന്തരം ആരബ്ധവ്യം അതുകൊണ്ടെന്നാണ് ബ്രഹ്മജ്ഞാനിയും സംബന്ധിച്ചും ഈ ശരീരം ഏതൊരു ശരീരത്തിലാണോ ജ്ഞാനം ഉണ്ടായത് ആ ശരീരം പതിച്ചു കഴിഞ്ഞാൽ വേറൊരു ശരീരം ഉണ്ടാകണം ശരീരാന്തരം ആരബ്ധവ്യം ഉണ്ടായേ തീരൂ അപ്രപൊടുത്ത കർമ്മഫല ഉപഭോഗാർത്ഥം എന്തിനാ ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്ത ആ കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിക്കുന്നതിന് വേണ്ടി തത്വജ്ഞാനി ആകുന്നതിന് മുമ്പ് ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും ഫലം അനുഭവിച്ചേ തീരും അതിനുവേണ്ടി ഒരു ശരീരം വേണം പൂർവ്വക്ഷി പറയാണ് വിദുഷ തസ്യ താപദേവചനം ഈ ശ്രുതി പ്രമാണ വിദ്വാനെ സംബന്ധിച്ച് പറയുന്നു എന്താണ് തസ്യ താപദേവചിതം ഇത് കാത്തിരിക്കേണ്ടി വരുന്നു പല ശരീരങ്ങളെടുത്തുണ്ടായി പ്രാരബ്ധെന്ന് പറയുന്നത് ഒരു ശരീരം കൊണ്ട് തീരണമെന്നില്ല പല ശരീരങ്ങളും സ്വീകരിക്കും ശ്രുതി എന്നെ പറയുന്നു പൂർവക്ഷമാണ് എന്നിട്ട് പുണ്യ പോയി പുണ്യേന കർമ്മണഭൂതി ഇത്യാവശ്യ ശ്രുതിയിലൊക്കെ പ്രാമാണമേവ് ചോദിക്കുന്നത് പുണ്യ പോയി പുണ്യേന കർമ്മ പുണ്യം കൊണ്ട് പുണ്യം ഉണ്ടാകുന്നു പാപം കൊണ്ട് പാപമുണ്ടാവുന്നു ഈ ശ്രുതിയും പ്രമാണമാണല്ലോ അതുകൊണ്ട് എന്താ പറയുന്നത് പുണ്യം കൊണ്ട് പുണ്യം എന്താ പുണ്യം കൊണ്ട് പുണ്യജന്യം പാപം കൊണ്ട് പാപജന്മം എന്നു ശ്രുതി പറയുന്നത് കൊണ്ട് തത്വജ്ഞാനിക്കും വീണ്ടും പുണ്യജന്മങ്ങൾ ഉണ്ടാകണം പാപില്ല പക്ഷെ പുണ്യം കൊണ്ടല്ല പുണ്യം കൊണ്ടല്ലേ തത്വജ്ഞാനം ഉണ്ടായത് അതുകൊണ്ട് പുണ്യോപോയി പുണ്യ കർമ്മനാണ് പുണ്യം കൊണ്ട് പുണ്യശരീരം നേടണം പാപം കൊണ്ട് പാപശരീരം നേടണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ശ്രുതി പ്രമാണമായി പറ്റും തത്വജ്ഞാനിക്ക് വീണ്ടും ശരീരം വേണ്ടിവരും ണെങ്കിലോ അവിടെ സംശയം പുണ്യശരീരികൾ ജനിക്കുന്നുണ്ടല്ലോ വലിയ യോഗികളും മഹാപുരുഷന്മാരുമുണ്ട് ചെല്ലെ നമ്മൾ പറയുന്നു രാജന്മാർ സിദ്ധന്മാരാണ് ജന്മനാ തന്നെ അവർ എന്നും പറയുന്നുണ്ട് ഇപ്പൊ തത്വജ്ഞാനി ജനിച്ചിട്ടല്ലേ തത്വജ്ഞാനത്തോട് കൂടി ജനിക്കുന്നു പറയുന്നു അപ്പോൾ ഞാനീ ജനിക്കേണ്ടി വരുമല്ലോ ഇല്ല അങ്ങനെ യോഗ്യനായ വിശിഷ്ടനായ ഒരാൾ ജനിക്കുമ്പോൾ അതിന്റെ തത്വജ്ഞാനത്തിൻ്റെ കുറവുകൊണ്ട് തന്നെയാണ് ജനിക്കുന്നു തത്വജ്ഞാനം കൊണ്ടല്ല മറ്റു പല ഗുണങ്ങളും ഉണ്ടായിരുന്നു മറ്റു പല യോഗ്യതകളും ഉണ്ടായിരുന്നു തത്വജ്ഞാനം ഒഴികെ ജ്ഞാനം തന്നെ അകർത്താവായും അകത്താവ അഭോക്താവായും ബോധിപ്പിക്കുമ്പോ ജന്മ മരണ അതീതനായും ബോധിപ്പിക്കുമ്പോ പിന്നെ ഇങ്ങനെ ജന്മം ജന്മം എങ്ങനെ സംഭവിക്കും ജന്മ സംഭവിക്കത്തില്ല എന്നാ പുണ്യ പോയി പുണ്യനെ എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു പുണ്യം കൊണ്ട് പുണ്യ ജന്മം ഉണ്ടാകും പാവം കൊണ്ട് പാവ ജന്മം ഉണ്ടാകും പറയുന്നത് ശരിയാണ് നിങ്ങൾ പറയുന്നതിനൊക്കെ കുറച്ച് കാര്യമുണ്ട് സത്യമേവം തഥാപി പ്രവൃത്തഫലാനം അപ്രവൃത്തഫലാനാം ച കർമ്മണം വിശേഷ വസ്തു വ്യത്യാസം ആരബ്ധകർമ്മവും അനാരബ്ധകർമ്മവും തമ്മിൽ വ്യത്യാസം ഏതൊരു കർമ്മമാണോ ഒരുവന് ഫലം കൊടുക്കാൻ ആരംഭിച്ചതി ആരബ്ധകർമ്മം അത് ഇതുവരെ ഫലം കൊടുക്കാൻ ആരംഭിച്ചിട്ടില്ലാത്ത കർമ്മം അത് രണ്ടും തമ്മിൽ വ്യത്യാസം പ്രവൃത്തഫലാനം അപ്രവൃത്തഫലാനം കർമ്മണം വിശേഷ ഭേദമുണ്ട് പ്രധം എന്താണ് ഭേദം വിശദീകരിക്കുന്നു ഞാൻ ഈ പ്രവൃത്തഫലാനി കർമാണി ഏർ വിദ്യു ശരീരം ആരബ്ധം തേക്ഷം ഉപഭോഗി നീപക്ഷി അത് ഫലം കൊടുക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു പ്രവൃത്തഫലാനി കർമാണി ഏർ വിദ്യുത് ശരീരം ആരബ്ധ അവിടെ സുഖ ദുഃഖങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് തത്വജ്ഞന അത് ദേഷം ഉപഭോഗി നീവ ക്ഷേഹ അതെല്ലാം ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സുതുക്കങ്ങൾ അനുഭവിച്ച് കർമ്മങ്ങളെല്ലാം കൊടുക്കുന്നു പറഞ്ഞതുപോലെ എണ്ണ കൊടുക്കുന്നു ദീപവും അണയുന്നു അത് സംഭവിക്കുന്നു യഥാ ആരബ്ദവേഗസ് ലക്ഷ്യമുക്ത വിശ്വാദ വേഗക്ഷയാദിവസം ലക്ഷ്യവേദ സമകാലമേവ പ്രയുവിനെന്ന സ്ഥിതി തദ്വം അതിനൊരു നല്ല മനോഹരമായ ദൃഷ്ടാന്തം പറയുന്നത് ആരബ്ധേഗസ് ലക്ഷ്യമുക്ത വിഷ്വാദേഹി ഒരു അമ്പിനായ ലക്ഷ്യത്തേക്ക് അയച്ചു അത് സഞ്ചരിക്കുന്നു ലക്ഷ്യത്തേക്ക് സഞ്ചരിക്കാണ് സഞ്ചരിക്കുന്നതിന് ഹേതുവായിരിക്കുന്നതാണ് അമ്പിലിരിക്കുന്ന വേഗം എന്ന് പറയുന്ന സംസ്കാരം വേഗം എന്ന് അമ്പ അയച്ചയാൾ വേഗ സംസ്കാരത്തെ അമ്പിലേക്ക് ആധാനം ചെയ്തപ്പോഴാണ് അത് മുമ്പോട്ട് നീങ്ങുന്നത് ലക്ഷ്യമുക്ത ഇശുവാദേഹി അതൊരു ലക്ഷ്യത്തെ ലക്ഷ്യമാക്കി തൊടുത്തിരിക്കുകയാണ് അതിലിരിക്കുന്ന വേഗ സംസ്കാരം കൊണ്ട് അത് ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നീങ്ങിയാൽ വേഗക്ഷയാതെത്തില്ല അതിലിരിക്കുന്ന വേഗം ക്ഷയിക്കാതെ അത് നീക്കത്തില്ല എന്ന് പറഞ്ഞാൽ അമ്പ് ലക്ഷ്യ ഭേദനം നടത്തിയാണെന്ന് നിക്കത്തില്ല അമ്പ് പോയി ആ ലക്ഷ്യത്തിൽ തറച്ച് അതിൻ്റെ മറവശത്ത് വന്ന് വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും ഏതുവരെ അതിലിരിക്കുന്ന വേഗം എന്ന് പറയുന്നത് ആ സംസ്കാരം നശിക്കാത്തതുവരെ അതുവരെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇന്നത്തെ ലക്ഷ്യവീത സമ സമകാല അത് പോയി അമ്പ് പോയി ലക്ഷ്യത്തിൽ കൊണ്ട് അപ്പം തന്നെ നിൽക്കും അങ്ങനെയില്ല നിൽക്കാം വേഗം ക്ഷയിച്ചാൽ അമ്പിലിരിക്കുന്ന വേഗം എന്ന് പറയുന്ന ആ സംസ്കാരം ക്ഷയിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും മറിച്ചാണെങ്കിലും അത് കൊച്ചുകൊണ്ടേയില്ല മറുവശം പിളർന്നു പോകും അപ്പം വേഗം ഉള്ളതുകൊണ്ട് അതവസാനിക്കുന്നില്ല അതുപോലെ പ്രാരബ്ധമാകുന്ന വേഗം ഞാൻ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ലക്ഷ്യത്തെ ഭേദിച്ചിട്ടും തത്വജ്ഞാനം എന്ന് പറയുന്ന ലക്ഷ്യത്തെ ഞാൻ നേടിയിട്ടും അത് പോകുന്നില്ല അവസാനിക്കുന്നില്ല ആ ശരീരം നിലനിൽക്കുന്നു ഇവിടുത്തെ ചോദ്യത്തിന് താല്പര്യം ഇതാണ് തത്വജ്ഞാനിക്ക് ശരീരം കൊണ്ട് പ്രയോജനമേ ഇല്ലല്ലോ പ്രയോജനമില്ലാത്ത ഒന്ന് എങ്ങനെ നിലനിൽക്കണം എന്തിനു നിലനിൽക്കണം എന്തിനു നിലനിർത്തണം എന്നാണ് അവനും പറയുന്നു പ്രയോജനം ഇല്ലെങ്കിലും നിലനിർത്തും എന്തുകൊണ്ട് ഇത് ആരംഭിക്കുന്നതിനുള്ള ഹേതുക്കൾ ഉള്ളടക്കോളം കാലം അത് നിലനിർത്തും ആക്കെ ആ ഹേതുക്കൾ എന്ന് പറയുന്നത് തന്റെ അന്ധകരണത്തിയിരിക്കുകയാണ് അതി ശരീരത്തോടൊപ്പം വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നിലനിന്നേ പറ്റും അതിനാണ് ലക്ഷ്യമുക്ത യേശുവിന്റെ ഉദാഹരണം പറയുന്നത് ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം കാണും അതുവരെ അത് പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ ശരീരവും തത്വജ്ഞാനം കൊണ്ട് ഉടൻ തന്നെ നശിക്കത്തില്ല ഇനി ഏതെങ്കിലും ഒരുവിനെ അങ്ങനൊരു തത്വജ്ഞാനം ഉണ്ടായി അവിടെ തന്നെ എല്ലാ സംസ്കാരവും നശിച്ചു വേഗം ക്ഷയിച്ചതുപോലെ ഇന്നും ഒരു സംസ്കാരവും ശേഷിക്കുന്നില്ല അങ്ങനെന്നാൽ ആ തത്വജ്ഞാനത്തോടുകൂടി തന്നെ ദേഹബാത സംഭവിക്കും അപ്പോൾ തന്നെ മോട്ടോർ സംഭവിക്കും പക്ഷെ അങ്ങനെ വേണമെന്നു നിയമമില്ല എന്നാണ് അങ്ങനെ ഒരു നിയമമില്ലാത്തത് കൊണ്ടാണെന്ന് തത്വജ്ഞാനവും ഉപദേശവും ഒരു ബന്ധവും എല്ലാം നിലനിൽക്കുന്നു പ്രാരത്ഥത്തെ ആശ്രയിച്ചു പ്രാരത്ഥം നിലനിൽക്കുന്നു മറ്റുള്ളതോ ആഗാമി സഞ്ചിതങ്ങളെ കുറിച്ച് ചോദിച്ചുള്ളൂ അനിയവൃത്തോത്പത്തിരുധുഞ്ഞ് കിട്ടജന്മാന്തരം തപ്രോക്ശ്ചയ സംയുക്തം പ്രായ്ചിത്തും തദു്യത്തെ പ്രായശ്ചിത്തം എന്ന് പറയുന്നതിനും മുഖ്യമായി വരുന്നത് തപസ് അതിനും മുഖ്യമായി വരുന്നത് നിശ്ചയം അറിവ് ഞാനും രണ്ടും കൂടെ ചേരുമ്പോഴേ പ്രായശ്ചിത്തമാകുള്ളൂ ഒരാൾ മോഷ്ടിച്ചു അധർമ്മമാണെന്ന് അറിഞ്ഞു അയാൾ മോഷണ അധർമ്മമാണോ പ്രായോ നാമ തപ്രവോക്തമായ തപസ്സനുഷ്ഠിക്കുന്നു അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു വൃക്ഷം ചന്ദ്രായണം തുടങ്ങിയ ബ്രതങ്ങനുഷ്ഠിക്കുന്നു അത് പ്രായചിത്വമാണ് മനസ്സിനി ആ വഴിക്ക് വീണ്ടും അത് തപസ് തപസ് മാത്രം പോരാ തപസ് ചെയ്താലും വീണ്ടും തപസ്സിനെ മറക്കും വീണ്ടും പ്രവൃത്തിയിലേക്ക് പോകും വീണ്ടും മോഷണം തപസ്സിന്റെ പ്രഭാവം കുറയും തപസ് അന്ധകരണത്തിൽ നൽകുന്ന വിശേഷമായ ആ ശക്തിയുടെ പ്രഭാവം കുറയുമ്പോൾ തപസ് ഇല്ലാതെ വരുമ്പോൾ വീണ്ടും പാപാചരണത്തിൽ പോവും അത് പോകാതിരിക്കുന്നതിനാണ് നിശ്ചയം ഉള്ളിൽ ഉറപ്പിക്കുന്നത് ഒരു കാരണവശാലും ഇനി ആ പാപം ചെയ്യത്തില്ല മോഷണം ചെയ്യത്തില്ല ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ അത് പ്രായവും അപ്പോ പ്രായശിത്തം കൊണ്ട് എന്ത് ചെയ്യുന്നു തപസ്സും ഈ നശ്യം കൂടെ കൂടിച്ചേരുമ്പോ ആ പാപം നശിക്കുന്നു മോഷണം നടത്തി പാപം അതുകൊണ്ടുണ്ടായ പാപം നശിക്കുന്നു നശിക്കാമെന്നാണ് അത് നശിക്കുന്നതുവരെ അതിന്റെ ഫലത്തെ അനുഭവിക്കേണ്ടി വരും പക്ഷെ ആ കർമ്മങ്ങളും തപ്പ കർമ്മങ്ങളും നിശ്ചയ രൂപത്തിലുള്ള ബോധവും അതിന്റെ പൂർണതയിലെത്തുമ്പോൾ കർമ്മദോഷത്തിൻ്റെ ഫലം പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നില്ല അതെല്ലാം അല്ലാതായി പോകുന്നു നശിച്ചു പോകുന്നു ഒരു കർമ്മം ഉണ്ടായാൽ ഒരു കർമ്മ സംസ്കാരം ഉണ്ടായാൽ അത് നശിക്കാൻ പാടില്ല നിലനിൽക്കണം എന്ന് നിയമമില്ല എന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം ഒരു ജീവനിൽ ഏതെങ്കിലും ഒരു കർമ്മ സംസ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അനുഭവം കൊടുക്കാതെ നശിക്കത്തില്ല എന്ന് നിയമമില്ല പ്രായശിത്വം ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ഫലം കൊടുക്കാതെ തന്നെ നശിക്കും അതുകൊണ്ടല്ലേ പറയുന്നു നിന്നിൽ ഇന്ന ദോഷമുണ്ട് പക്ഷെ ആ ദോഷം നിനക്ക് ഒഴിവാക്കാം ഒഴിവാക്കാൻ വേണ്ടി നീ എന്നത് ചെയ്യണം നാമം ജപിക്കണം അല്ലെങ്കിൽ എന്നെ അനുഷ്ഠാനം ചെയ്യണം എന്നൊക്കെ പറയുന്നത് സാർത്ഥമാണെന്ന് അങ്ങനെയാണ് അപ്പോൾ അവിടെ ചോദിക്കും കർമ്മനിയമം ദൃഢമാണെങ്കിൽ കർമ്മം അവശ്യം ഫലം കൊടുക്കുന്നതാണെങ്കിൽ പിന്നെ ഇതുകൊണ്ടെന്താ പ്രയോജനം വരേണ്ടത് വരത്തില്ലേ അനുഭവിക്കേണ്ട അനുഭവിച്ചല്ലേ തീരത്തോളൂ അനുഭവിക്കേണ്ട അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ കർമ്മ നിയമത്തിന് എന്താ വേണ്ട പ്രസക്തി എന്താ എന്നൊക്കെ സാധാരണ ചോദിക്കുന്നു അത് യുക്തിയാണ് യുക്തിയുടെ ശരി തന്നെയാണ് കാരണം കർമ്മവും നമ്മൾ പറയും പ്രവൃത്തിയുണ്ടോ ഫലമുണ്ടോ സാധാരണ പറയുന്നു അത് സാമാന്യമായ നിയമം തന്നെയാണ് പ്രവൃത്തി ഉണ്ടെങ്കിൽ ഫലം തീർച്ചയായിട്ടും പക്ഷെ അതിന് ചില അപവാദങ്ങളുണ്ട് ഏത് നീങ്ങും അപവാദം എങ്ങനെയാണ് ആ പ്രവൃത്തി ഫലം അതില്ലാതെയാകാം പ്രവൃത്തിക്ക് ഫലമില്ലാതെ വരാം അതിങ്ങനെ ഇല്ലാതെ വരാം വേദത്തെ തടുക്കാം അല്ലേ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യമുക്തമായ ഇഷു ലക്ഷ്യത്തിലേക്ക് വിട്ടു അത് ലക്ഷ്യത്തിൽ എത്തുന്നുമ്പേയും പതിക്കാം എവിടെയെങ്കിലും വെച്ച് അതിനെ തടുത്താൽ മതി സ്വാഭാവികമായും അത് ലക്ഷ്യത്തെ ഭേദിക്കേണ്ടതാണ് പക്ഷെ ഇടയ്ക്ക് തടുത്തു കഴിഞ്ഞാൽ അതവിടെ നിൽക്കും അല്ല കർമ്മം അവശ്യമായി ഫലം കൊടുക്കേണ്ടതാണ് കർമ്മമുണ്ട് അതുകൊണ്ട് യോഗിയാണ് മറ്റും പറയും അതാ നിന്ന ഇന്ന ദോഷം ഇരിക്കുന്നു ആ ദോഷം നീ അനുഭവിക്കുന്നു പക്ഷേ ഞാൻ പറയുന്നത് എന്നാ ചെയ്തു കഴിഞ്ഞാൽ നിനക്കതിൽ നിന്നും മോചനം നേടാം എന്താണ് പ്രായച്ചത്വം പ്രായച്ചത്വത്തിന് അപ്പോൾ കർമ്മത്തിൻ്റെ ഫലത്തെ തടയാൻ പറ്റും ചിലപ്പോൾ ആ ഫലത്തെ ലഘൂകരിക്കാൻ പറ്റും അല്ലെങ്കിൽ അ കർമ്മഫലത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും എല്ലാം പ്രായശത്വത്തിന് കഴിയും അങ്ങനെ ലക്ഷ്യമുക്തമായ വിഷുവിനും മാർഗത്തിൽ തടയുന്നത് പോലെ അവിടെ എന്ത് സംഭവിക്കുന്നു തടയുമ്പോൾ അതിൻ്റെ വേഗം ക്ഷയിക്കുന്നു വേഗമുള്ളിടത്തോളമേ അതിന് സഞ്ചരിക്കാൻ പറ്റും വേഗം ക്ഷയിച്ചുപോയാലോ പക്ഷെ ഒരു നിയമം പറയുന്നതാണ് ഒരു കർമ്മം അതിന്റെ ഫലത്തെ കൊടുക്കാതെ ആ കർമ്മ സംസ്കാരം നശിക്കത്തില്ല എന്ന് പറയും അത് ശരിയാണോ നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ലക്ഷ്യമുക്തമായ യശുവിനെ വഴിയിൽ തടുത്താൽ ആ വേഗമില്ലാതാകുന്നു അതുപോലെ പ്രായശ്ചിത്തം അനുഷ്ഠിക്കുമ്പോൾ എന്തായിരുന്നു ആ കർമ്മ പ്രായശ്യത്തെ ദൃഢമല്ലെങ്കിലോ കർമ്മ സംസ്കാരം പൂർണമായും നശിക്കത്തില്ല അപ്പൊ കർമ്മഫലം അനുഭവിക്കും പക്ഷേ അത് അതിൻ്റെ തീവ്രത കുറയും സാധാരണ ആൾക്കാർ പറയാറില്ലേ ഇതൊന്നും സാധാരണ മനുഷ്യൻ കണ്ണിന് കൊള്ളാനുള്ളത് പിരിയത്തുകൊണ്ടെന്ന് പറയും തത്വശ്വാസമൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാർ പറയുന്നു അതുകൊണ്ട് പറയും എന്താണ് അത് ആ ആപത്ത് മാറിക്കിട്ടി ഈശ്വരാനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടി ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടി ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടി എന്നൊക്കെ പറയുന്നത് തത്വം ഇതാണ് എന്തുകൊണ്ടാതങ്ങനെ സംഭവിക്കുന്നു കാരണം അതും കർമ്മ കർമ്മം അവശ്യം ഫലം കൊടുക്കണമെന്നുള്ളത് കർമ്മത്തിന്റെ നിയമമാണ് പക്ഷേ ചില സന്ദർഭങ്ങൾ മറ്റൊരു കർമ്മം കൊണ്ട് അതിനെ തടുക്കാം എന്ന് പറയുന്നതും കർമ്മ നിയമത്തിൽപ്പെടുന്നതാണ് നിയമം കൂടിയുണ്ട് അതാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറയുന്നത് പ്രായശ്ചിത്വം കൊണ്ട് കർമ്മ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണമായോ നശിക്കാം അങ്ങനെ വന്നുകഴിഞ്ഞാൽ ആ കർമ്മഫലം അനുഭവിക്കേണ്ടി വരത്തില്ല ചില സ്ഥലങ്ങളെ പറയും എന്താണ് പ്രായശ്ചിത്വം ചെയ്താലും ശരി കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചേ തീരും പിന്നെ പ്രായശ്ചിത്വം കൊണ്ട് എന്താണോ പ്രായശ്ചിത്വം കൊണ്ട് ആ പാപകർമ്മം വീണ്ടും അവന് പ്രേരണ ഉണ്ടാകാതിരിക്കാം അങ്ങനെ ചില സ്ഥലങ്ങളിൽ പറയും അങ്ങനെ പറയുന്ന എന്തുകൊണ്ട് അവിടെ ആ പ്രായശ്ചിത്വം ആ കർമ്മത്തിൻ്റെ സംസ്കാരത്തെ പൂർണമായും നശിപ്പിക്കുന്നതിന് ഉദാഹത്തുകൊണ്ടാണ് പ്രായശ്യത്വം അതുപോലെ ദൃഢമായി കർമ്മം എത്രമാത്രം ദൃഢമാണോ അതിനനുസരിച്ചുള്ള പ്രായശ്യത്വം സ്മൃതികളിലും പറ്റുമ്പോൾ ബ്രഹ്മഹത്യ പാപം ബ്രാഹ്മണനെ കൊന്നാൽ പാപമാണ് അതിന് പ്രായശ്യത്വം ഇരിക്കും നിന്നുള്ള എന്താണ് വളരെ വളരെ ക്ലിഷ്ടമായ അനുഷ്ഠാനം ശരീരത്തെയും വളരെ ക്ലേശിപ്പിക്കുന്ന അനുഷ്ഠാനങ്ങൾ പറയും അങ്ങനെയുള്ള അത്രയും തീവ്രമായ അനുഷ്ഠാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണോ അതിൻ്റെ ഫലം അതിൽ നിന്ന് കർമ്മവും ഫലവും എല്ലാം ഈശ്വര അപ്പോൾ അതിനെ എങ്ങനെ മാറ്റാൻ പറ്റും പ്രായശത്തും ഈശ്വരനിശ്ചയം തന്നെ അതുകൊണ്ട് ഇത് തന്നെയാണ് അനുഗ്രഹം കൊണ്ട് പാപം നശിക്കുന്നു എന്നെല്ലാം പറയുന്നതിന്റെ ഇത് സാധാരണ കുടുംബനെ പ്രയോഗിക്കുന്ന ജ്യോത്സ്യന്മാരാണ് അവര് പറയും ഇന്ന ദോഷമുണ്ട് പക്ഷെ ഇന്ന് ചെയ്താൽ മതി മാറിക്കിട്ടും എന്ന് പറയും അതുപോലെയാണ് ഇവിടെ പറയുന്നത് പ്രായശത്വമുണ്ട് കർമ്മ സംസ്കാരം നശിക്കണം പിന്നെ വേറെ ഒന്നും പറയും പ്രായശത്വം പ്രതിബന്ധത്തെ ഉണ്ടാകും ചിലപ്പോൾ നശിപ്പിക്കത്തില്ല കർമ്മത്തിന് ദോഷത്തെ ഉണ്ടാക്കുന്ന സംസ്കാരമുണ്ടെങ്കിൽ പ്രായശത്വത്തിന് പ്രതിബന്ധമുണ്ടാകും അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കും പ്രതിബന്ധം ഉണ്ടാകുമ്പോന്തെങ്കിലും തൽക്കാലം അത് ഫലത്തെ കൊടുക്കത്തില്ല പക്ഷേ പ്രതിബന്ധമായ പ്രായശ്ചിത്ത കർമ്മത്തിന്റെ ശേഷി കുറയുമ്പം വീണ്ടും അത് ഫലം കൊടുക്കാൻ തുടങ്ങും അങ്ങനെ സംഭവിക്കും ചില സ്ഥലങ്ങൾ ഇപ്പം എന്താണ് കൊണ്ട് സംസ്കാരം നശിക്കത്തില്ല എന്ന് പറയുന്ന ഈ അർത്ഥത്തിലാണ് പാപത്തിന്റെ ശക്തി കൂടിയും പ്രായശ്യത്തിന്റെ ശക്തി കുറഞ്ഞു വരുന്നു പാപത്തിന് പ്രായശ്ചിത്വ പ്രതിബന്ധമാകത്തേയുള്ളൂ തൽക്കാലം ഒരു സമാധാനം കിട്ടും വീണ്ടും വിചാരണ നടത്തി ശിക്ഷിക്കും വീണ്ടും ആ കർമ്മ സംസ്കാരം പ്രബുദ്ധമാകും വീണ്ടും ആ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നു അതായത് കർമ്മത്തെയും പ്രായശത്വത്തെ സംബന്ധിച്ച് സ്മൃതികളിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ പറയും അങ്ങനെ എന്താണ് പ്രായശിത്വം ചെയ്താലും കർമ്മഫലം അനുഭവിച്ചേ പറ്റുമെന്ന് പറയുന്ന ആ രീതിയിലാണ് പക്ഷെ അത് കർമ്മ സംസ്കാരത്തെ ക്ഷയിപ്പിക്കുന്നതുമാണ് എന്നാണ് ഇതംഗീകരിക്കാമെങ്കിൽ പിന്നെന്താണ് ഞാൻ അഗ്നി സർവകർമാണി ഭസ്മുസാദ് സ്മൃതി എന്ന് പറയുന്ന സ്മൃതിയുടെ താല്പര്യം മനസ്സിലാവും പ്രായശിദ്ധത്തിന് പോലും കർമ്മത്തെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞ കഴിയുമെങ്കിൽ ഞാനിതിന്റെ കാര്യം പറയാനുണ്ടോ ജ്ഞാനം എന്ത് ചെയ്യുന്നു സർവ കർമ്മങ്ങളെയും ഭസ്വമാക്കുന്നു ഇത് നമ്മളവിടെ ചർച്ച ചെയ്യണം തത്വബോധത്തിൽ കർമ്മമില്ല തത്വബോധത്തിൽ ജീവന് കർമ്മ താതാത്മ്യമില്ല പിന്നെ ഇവിടെ കർമ്മ സംസ്കാരം അതിവിടെ താതാത്മ്യമില്ല കർമ്മമുണ്ടോ കർമ്മത്തിൻ്റെ സംസ്കാരമുണ്ടോ അതിന് പ്രതിബന്ധമുണ്ടോ അത് നശിക്കുന്നോ അത് ഫലത്തു കൊടുക്കുന്നു ഇത്തരം കാര്യങ്ങളൊന്നും തത്വജ്ഞാനിയെ സംബന്ധിച്ച് വിഷയമേയാണ് ജ്ഞാനത്തിൽ ഇതിലൊന്നും നിലനിൽപ്പില്ല അവിടെ കർമ്മവുമില്ല പ്രായശ്ചിത്വമില്ല തത്വജ്ഞാനിക്ക് പ്രായശ്ചിത്വം ചെയ്തെന്തെങ്കിലും കർമ്മഫലത്തെ ഒഴിവാക്കേണ്ട കാര്യമില്ല ഹോമം പൂജ ജപം പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളിലൂടെ പാപത്തെ ഒഴിവാക്കേണ്ട കാര്യം തത്വജ്ഞാനിക്കില്ല അതിലൂടെ പാപത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടില്ല തത്വജ്ഞാനത്തിന്റെ അപൂർണതയാണ് ഇത് തന്നെ മനസ്സിലാവും പക്ഷെ അജ്ഞനതിന്റെ ഇതിന്റെയൊക്കെ ഈ പാപത്തേക്ക് ഒഴിവാക്ക അങ്ങനെ ഞാൻ ഞാൻ ആകെ ദഹിപ്പിക്കുന്നു എന്ന് ദിപ്പിക്കുന്നു എന്ന് പറയാൻ എന്താ കാരണം ഇതിനെല്ലാം കാരണമായിരിക്കുന്നു അജ്ഞാനം അത് ഞാനും കൊണ്ട് നശിച്ചു പിന്നെ അജ്ഞാന കാര്യങ്ങൾക്ക് ഞാനീ എങ്ങനെ ബന്ധിക്കാൻ കഴിയും അജ്ഞൻ ഉറങ്ങുന്നു ഉണരുന്നു അജ്ഞാനം ബന്ധിക്കുന്നു അജ്ഞൻ ഞാനി ഉറങ്ങുന്നു ഉണരുന്നു പക്ഷെ അജ്ഞാനം ഞാനീ ബന്ധിക്കുന്നില്ല എന്തുകൊണ്ട് അജ്ഞാനീ താൻ അജ്ഞാനത്തിൽ നിന്ന് മുക്തനാണ് തന്നെ അജ്ഞാനമില്ല എന്നുള്ള ബോധത്തിലാണ് ഉറങ്ങിയത് സത്സമ്പത്തി സമ്പദ് ഞാൻ എന്തിനാ ഉറങ്ങുന്നത് ഇപ്പോഴും ജ്ഞാനത്തിൽ ഉണർന്നിരുന്നാ പോലെ എപ്പോഴും ഉണർന്നിരിക്കുന്നതിന് ജ്ഞാനം വേണമെന്നില്ല ഒരു പിരിച്ചാലും ലൂസായറങ്ങാൻ പറ്റത്തില്ല ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട് ജ്ഞാനം അല്ല ഉറക്കത്തെയും ഉണർവിനെയൊക്കെ തീരുമാനിക്കുന്നു അതിനോട പ്രാരബ്ധെന്ന് പറഞ്ഞു അത് അതിന്റെ വഴിക്ക് പ്രവർത്തിക്കും അതെന്താ അതെവിടുന്ന് വന്നത് അത് ഈ പ്രപഞ്ച സൃഷ്ടികടത്താവിന്റെ വ്യവസ്ഥകളാണ് ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് അത്തരം കാര്യങ്ങൾ സംഭവിച്ചോളൂ ഞാനിക്കതിനെ കുറിച്ച് വ്യാകുലത തളന്നു ഞാൻ ഉറങ്ങുന്നു അത് ഉണർന്നിരിക്കുന്നു ഞാൻ ഉറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കുന്നു എനിക്ക് ജ്ഞാനമില്ലെന്ന് വിചാരിക്കത്തില്ലേ അങ്ങനെയെന്നുള്ള ആശങ്കകൾ ഞാനീടെ മനസ്സിൽ അതെല്ലാം എന്താണോ പ്രാരബ്ധ അധീനം ഞാനീ സംബന്ധിച്ച് തന്റെ ശരീരം മാത്രമല്ല ഈ ജഗത്ത് മുഴുവൻ പ്രാരബാധീന തന്റെ ദൃശ്യം തന്റെ പ്രാരബ്ധത്തിൽ നിൽക്കുന്നതാണ് ജഗത്ത് മുഴുവൻ തന്റെ പ്രതീതിയിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ അഗ്നി സു ഡേ സർവകർമ്മമാണ് അതുകൊണ്ട് ജ്ഞാനിയുടെ ഉണർവിനെ കുറിച്ചോ ജ്ഞാനിയുടെ ഉറക്കത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഉറക്കം ഉണർവ് ഇനി സ്വപ്നം ജ്ഞാനിയുടെ സ്വപ്നത്തെ കുറിച്ചോ ഒരു അജ്ഞാനി വ്യാകുലപ്പെടേണ്ട കാര്യമില്ല സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ പോകേണ്ട കാര്യമില്ല വിജേഷിച്ച് ഞാനിയുടെ കാര്യം അത് ഞാനിതന്നെ കൈകാര്യം ചെയ്യുന്നു അതിൽ ഈ അജ്ഞാന ശങ്കകൾക്കൊന്നും ഇവിടെ പ്രസിദ്ധിയില്ല എന്നു അത് സൂര്യനിൽ ഇരട്ടിനെ ശങ്കിക്കുന്ന പോലെയാണ് ഇവിടെ ഇരുൾ ഉള്ളത് കൊണ്ട് അവിടെ ഇരുളായിക്കൂടെ എന്ന് ശങ്കിക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ അന്ധൻ പ്രകാശത്തെ ആക്ഷേപിക്കുന്നതുപോലെയാണ് അന്ധൻ പറയുന്നത് എന്ത് പ്രകാശം അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയേണ്ടായിരുന്നു ഞാനറിയാത്ത എന്തോ പ്രകാശം ഇന്ന് പറഞ്ഞു പ്രകാശത്തെ ഒരു അന്ധനെ പുച്ഛിക്കാൻ കഴിയും അതുപോലെയുള്ളു അവിടെ സർവകർമ്മങ്ങളും ഭസ്മമായിരിക്കുന്നു ക്ഷീന്ദേശാസ്യ കർമാണിജാധർവണേ നമ്മൾ ചർച്ച ചെയ്താണ് ഭസ്മം ദുഷ്ടേ പരാഹേ കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുന്നു പിന്നെ സഞ്ചിതം ആഗാമി പ്രാരബം എല്ലാം അതുകൊണ്ട് തന്നെ ഇനി പ്രാരബ്ധത്തെ നമ്മൾ അംഗീകരിക്കുന്നു പ്രാരബ്ധൊന്നുമില്ല അതുണ്ടോ പ്രാരബ്ധത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ അതില്ല എന്തുകൊണ്ട് പ്രാരബ്ധം സർവർക്കും ഉള്ളതാണ് ഒരു ശരീരം കൊടുക്കുന്നതിന് ആ ശരീരത്തിൽ സുഖഭോഹങ്ങൾക്ക് കാരണമായി വരുന്ന ആ സംസ്കാരത്തിന് പ്രാരംഭം എന്ന് പറയുന്നത് അതുകൊണ്ട് വരുന്ന ശരീരത്തെയും പ്രാരംഭം രണ്ടിനും പറയും പ്രാരംഭം ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന സംസ്കാരത്തെ പ്രാരംഭം എന്ന് പറയും ഈ ശരീരത്തെ പ്രാരബം എന്ന് പറയും ഈ ശരീരത്തിൽ നടക്കുന്ന സുഖാനുഭവങ്ങളെയും പ്രാരംഭം എന്ന് പറയും ഇത് സർവ്വജീവി സാധാരണമായ കാര്യമാണ് ഓരോ ശരീരവും ഓരോരുത്തരും എടുക്കുന്ന പ്രാരബ്ധം കൊണ്ടുവരണം പക്ഷെ പ്രാരബം സത്യമായിരിക്കുന്ന ഓരോരുത്തർക്കെന്തുകൊണ്ട് ഇതെല്ലാം സത്യമായി അനുഭവിക്കുന്നുണ്ട് തത്വവിജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാരബ്ധം കേവല പ്രതീതിമാകും അനുഭവത്തിൽ നിലനിൽക്കുന്നു പരമാർത്ഥമല്ലാതെ അപ്പോൾ പരമാർത്ഥമല്ലാതെ നിൽക്കുന്ന ഒന്നിനെ ഉണ്ടെന്ന് പറയാൻ അതുകൊണ്ട് പറയാൻ എന്താണ് തത്വജ്ഞാനിക്ക് പ്രാരബ്ധം ഇല്ല തത്വജ്ഞാനിക്ക് സ്വസ്വരൂപമല്ലാതെ ആത്മാവല്ലാതെ അല്ലെങ്കിൽ ആത്മാവിൽ നിന്നും വേറിട്ട് ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല ഒന്നുകിൽ പറയാം ആത്മാവ് മാത്രമേ നിലനിൽക്കുന്നു മറ്റൊന്നും നിലനിൽക്കുന്നില്ല എന്ന് പറയാം അല്ലെങ്കിൽ പറയാം എന്താണ് സർവവും ആത്മാവായി നിലനിൽക്കുന്നു സർവഭൂതസ്ഥം ആത്മാനും സർവഭൂതാനിച്ചാത്മനി ഇതാണ് തത്വജ്ഞാനിയുടെ നില അപ്പോ പിന്നെ ഇവിടെ പ്രാരബം പ്രാരബമില്ല ആത്മാവല്ലാതെ മറ്റൊന്നില്ല ഏകമേവ അദ്വിതീയം എന്ന് പറയുന്നത് അദ്വിതീയമില്ല ഇവിടെ അദ്വൈയമാണ് ആ നിലയ്ക്ക് തത്വജ്ഞാനിക്ക് അതായത് ഇവിടെ പറയുന്ന ശരീരഭാഗത്തിന് മുമ്പ് തന്നെ ശരീരമില്ല അതുകൊണ്ട് എന്തു പറയുന്നു മുക്തൻ എന്ന് പറയുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് കൂടി നശിച്ചു പ്രാരബ്ധം കൂടി നശിച്ചിട്ട് വിദേഹനായി അങ്ങനെയും പറയാം പറയും വിദേഹ കൈവല്യത്തെ പ്രാപിച്ചു മോക്ഷത്തെ പ്രാപിച്ചു എന്ന് പറയാം ഏത് നിലയിലും പറയാം അതുകൊണ്ടവന്റെ തത്വജ്ഞന്റെ സർവകർമ്മങ്ങൾ ക്ഷയിക്കുന്നു പ്രാരബ്ധം ഉൾപ്പെടെ കാരണം ഇവിടെ സർവകർമാണീ ഭസ്മസാത് പുരിത എന്ന് പറയുമ്പോൾ സർവ്വകർമ്മങ്ങളെന്ന് പറയുമ്പോൾ പ്രാരബ്ധം ശേഷിക്കുന്നു എന്നിങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിക്കും പ്രാരബ്ധവും നശിക്കുന്നു പ്രാരബ്ധമില്ല കേവല പ്രതീതി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് പ്രാരബ്ധം കേവല പ്രതീതിയാണ് അതുകൊണ്ടത് നിലനിൽക്കുന്നില്ല എന്ന് പറയാം തത്വജ്ഞാനിക്ക് എന്താണോ പരമാത്മഭാവം മാത്രം അങ്ങനെ തത്വജ്ഞാനിരുന്നില്ല അതിനപ്പുറം ഇവിടെ ഭാഷകാരൻ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം തത്വജ്ഞാനത്തിന്റെ ഈ ഒരു നിലയല്ല ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തത്വമസി ആ തത്വം മസിയെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഈ ജ്ഞാനത്തിന്റെ നില ജ്ഞാനനിഷ്ഠ അല്ലാതെ അതിനപ്പുറമായിട്ടൊരു സമാധിയെക്കുറിച്ചൊന്നും പറയുന്നില്ല ധാരാളം കേട്ടിട്ടുള്ള സമാധിയെക്കുറിച്ചൊരു ചർച്ച ഇവിടെയില്ല അതിനാണ് ശങ്കരാദ്വൈതം എന്ന് പറയുന്നത് സമാധി കൂടാതെയുള്ള അധ്യയനം അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എനിക്ക് സമാധിയോട് എന്തെങ്കിലും വിരോധം ഉള്ളതുകൊണ്ടോ സമാധിയില്ലാത്തതുകൊണ്ടുള്ള നിരാശ കൊണ്ടോ ഒന്നും പറയുന്നതല്ല ഭാഷകാരൻ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് തത്വജ്ഞാനത്തെ അങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്